രണ്ടാമത്തെ കാര്യം ആരാസിംഗളും അതാണ് അല്ലിബാഹിബാ അങ്ങനെ അർത്ഥം കൊടുക്കാം അവരുടെ വക്കപ്പോ ഒന്നും പറയണ്ടും മുണ്ടണ്ട ഇബാഹത്താമൻ ജാഹിതാമൻ വിരിക്കലേ തത്രിം രണ്ടും രണ്ടിനും സാധിക്കുന്നുണ്ട് അല്ലെ ഒന്നും മുണ്ട ുംബിമാൻ ഇല്ലേ അബുൽ അന്ന മാലിക്കൻ സുബിരാ തമാനെ തൊട്ടും മൂത്രോട് ചോദിച്ചു ഫക്കാദ് എനിക്ക് അതിനെപ്പറ്റി ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ ഞാനെന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന അഹിലും വലതിനാൽ ആയിക്കുന്നു എന്നാലും നമ്മുടെ നാട്ടിലുള്ള എൽമിന്റെ അരികാല നിങ്കാറാക്കാറില്ല വല എക്കോതൂനോ അതിനെ വിട്ടിട്ടിരിക്കും നിൽക്കല വല യോക്കിരുന്നു ഇല്ല റബിയും ജാഹിരും അതുകൊണ്ട് അത് നിങ്കാറാക്കലും ഒന്നിക്കും റബിയും ജാഹിരീൻ അല്ലെങ്കിൽ നാട്ടിൽ ഇറാഖിയും അല്ലെങ്കിൽ ഇറാഖിയായ വലിയ വിഭവത്തിനാണെങ്കിലും ഉണ്ടാവൂന്ന് അപ്പൊ ഇറാഖിക്ക് അരികാരും ഇറാഖിക്കാർ ചെറുപ്പം എതിർക്കു അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ജാഹിർ എതിർക്കോളൂ അപ്പൊ മറിക്കും മാമി അതിനെ അംഗീകരിക്കുന്നു എങ്ങനെന്താ കനയുന്നു തപാൽ എല്ലാ രൂക്ഷത കൂടിയാണ് ഒന്നിട്ട് അമ്പക്കെന്നെ എതിർക്കാന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കെ എതിർക്കോളൂ കൊടുത്തു മാനിക്കുമാന്റെ കോടത്ത് തന്നു ഇനി മുമ്പ് എല്ലാ യശുക്കും സമാനുള്ള അച്ഛനെന്താണ് ജവാസാണെന്ന് ജവാദിന്റെ സംശയമില്ല അങ്ങനെ കളിയത്തിൽ ജവാദിലെത്തി നബീ സാഹ് അലീവത്തിൽ വെച്ചിട്ട് പാട്ടുപാടുകയും വൈദലൊത്തി ഫെർണാൾഡാസും ഒപ്പ് കൊണ്ട് മുട്ടുകയും ചെയ്യുന്ന ജവാദിയാത്തിന്റെ ആ കളിയത്തിന്റെ അനീസുണ്ടല്ലോ ആ അലീസിന്റെ തെളിവ് പ്രകാരം ജവാദാണെന്നാ വരേണ്ടത് എത്തരത്തിൽ ഹാദരണ്ടും താനും വഹിയ ഈ കവിയത്ത് ബുഹാദീലോടെ വൈബിലുണ്ട് ി എനിക്ക് പാട്ട് കേൾപ്പിക്കുന്ന ഒരു ജാരി ഫിഹ് അലിഹി വസല്ലു വഹി അല ഹരിഹ ഈ പാട്ട് പാടുന്ന പണ്ണു അതേ കാലത്ത് തന്നെ തങ്ങൾ എതിർത്തില്ല ഉമ്മ ദഹാ ഉമ്മർ റബീല്ലാൻ കയറി വന്നപ്പോൾ ഈ പാട്ടു പൊണ്ണു ഒറ്റ വട്ടം ഓരോ ഉമ്മർ റബീലാന് ചോദിക്കുന്നു മായും ഞാൻ റസൂലത്തിനെ ചിരിക്കുന്ന സംഭവം പറഞ്ഞു ഞാൻ കേറി വന്നു പൊണ്ണുങ്ക പാർത്തീട്ടീട്ടില്ല നീ കയറി വന്നപ്പോഴും ചൂടിക്കളഞ്ഞിരുന്നു ഞാനും കേട്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ തങ്ങള് കേട്ടേക്കിന് എനിക്ക് അങ്ങനെ പാട്ടുകാരിയോട് തങ്ങൾ കേൾപ്പിച്ചു അനു പാട്ട് കേൾപ്പിച്ചു എന്നാന്ന് ആനീ ഇത് സുലമിനി കോട്ടിരിക്കും കൊഴുത്തു സുലമിനി കാലാമത് പറഞ്ഞു وذكرته تجيمي رضي الله عنه قلنا برضوتني بهذا اللي بريده لمونده برضوتله அப்ப ديபாத الحاله சம்பவردو تجيميهم تجيبيهم सुलेमी ثم قال सुलेमी رضي الله عنه بيقولوا توينه ذنون المسريه رضي الله عنه ചോദിക്കപ്പെട്ടോ سماينه பத்தி சايبي பக்காரா وادي حقين يسعد القلوب الى الحق അതൊരു ഹക്കിന്റെ വാരിത കൽവുകൾ തിളക്കി വിടും എവിടത്തേക്ക് ഹക്കിലേക്ക് അപ്പൊ നമ്മൾ നേർക്ക് നേരെ കൊടുക്കുന്ന അർത്ഥമായിരിക്കില്ല അപതാവുന്ന ആ വാരിദിലേക്ക് ഒരാൾ ശ്രദ്ധ വെച്ച് കേട്ടു ബിഹക്സിൻ ഹക്കുമായി ബന്ധപ്പെട്ട രീതിയിൽ ശ്രദ്ധ വെച്ച് കേട്ടാണെങ്കിൽ നഫ്സുമായിട്ടാണ് ചെയ്തതെങ്കിൽ തകർന്ന കോ വേദിക്കും അപ്പൊ കേൾ വേദാകണം നഫ്സിന്റെ സ്വഭാവത്തിൽ കൂടിയാകാൻ പാടില്ല അക്കെ സ്വഭാവത്തിൽ കൂടിയാകണം അതാണ് നേരത്തെ പറഞ്ഞ അർത്ഥം ലൈലാക്കി ലൈലാന്റെ അട്ടം തന്നെ കൊടുത്തിട്ട് മജുരൂന് ആ കാമിച്ച അത് തന്നെ വിത്തയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം താൽപ്പാണ് കാലും കാമുകനും കാമുകിയാ മിന്ദും ആ അത് അമ്മത്തിനെ നോക്കുന്നു അന്നു പിരിച്ചു അവിടെല്ലേ കാണുന്ന ആ മണ്ണിയാൻ പാടില്ല ഇങ്ങനെ മൊഹിബീങ്ങളെ കൽപ സമായിലേക്ക് നല്ല ആവേശം കൊള്ളു കൊരൂപ കൊലൂബു തായ്ബീൻ തായ്ബീങ്ങളെ കൽപിപ്പ പേടിയുണ്ടാവും അമ്പത്തും ടോമിനും മക്കാമിനും ചേട്ടൻ വന്നു മുസ്താഖി മുസ്താഖിങ് കൽതനം വേദന അനുഭവപ്പെടും കത്ത് അറിയില്ല കീബ് ദുഃഖം അനുഭവിക്കുന്നത് മുസ്താഖിങ്ങൾക്ക് എന്താക്കും ഇതിന് മനസ്സിന് ഇതാറില്ല ഒരു വേദന മൊഹബ്യങ്ങൾക്ക് പറമ്പില്ല താഴ്ബിയങ്ങൾക്ക് ബോഡി ബില്ലീല മസല മിസാദി പറഞ്ഞ എന്താണ് മസല ഉള്ള കൈ ഒരു മരന്റെ ഉദാഹരണം പോലെയാണ് ഇതാ റസാലും മുനുതി പറ്റി ക്ഷാമം ബാധിച്ച ഒരു ഭൂമിയിലേക്ക് മഴ നാല് മുസ്ലാത്ത പച്ചപിടിച്ചതായി മാറുന്നുണ്ടല്ലോ തമ്മായി വന്നു കഴിഞ്ഞാല് മസോന പവായി കൊരൂ മറച്ചു കത്തപ്പെട്ട പായുലുകളൊക്കെ ഉണ്ടാകും കടന്നു ഭൂമിയിൽ വിത്തിട്ടാല് വെള്ളം പോകും പുറത്തേക്കുന്നില്ല എപ്പോൾ ഇന്റെ സമാനം നേരത്തെ അത് വക്കീല യു ഹാക്ക് മാ എന്താ വി അറിയിൽ കണ്ടും ഇന്ന സൊറോറി ഈ മെന്റ രോഗികളെ പരിശോധിക്കുമ്പോണ്ടല്ല രോഗങ്ങൾ പാട്ടിപ്പിച്ചിട്ട് എല്ലാവർക്കുമല്ല പാട്ട് കേൾക്കുമ്പോ അടിക്കാ വരുന്നതിന്റെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിൽ അടക്കം ചെയ്യപ്പെട്ടെന്നുള്ളത് കേട്ടതാണ് അതിന്റെ കരച്ചിലാവുന്ന ചിരിയാവരുന്ന് പോസ്റ്റാക്കാവിന്ന് അശ്രദ്ധയാവരുന്ന് വിരക്തിയാവരുന്ന എല്ലാം നോക്കും അത് പിന്നോടിയായിരുന്നു യു ഹരി ഈ തമാ ഇളക്കും അനേഹുറൂറി വർറജായ വശമെ എന്താണോ ഉള്ളത് അതിനിടക്കിവിടും സുറു ഇളക്കിവിടും മസിനോടും എന്തും മായ യുഹികൾ ചിലപ്പോ കരച്ചിലേക്ക് വരാം ഈ ഹാസിപ്പമായവിലേക്ക് ആയിക്കൊണ്ടിടാ ആവശ്യം എല്ലാ ഒളിവിനും പങ്കുണ്ട് ചിലപ്പോൾ കരയുന്നു കുറുബമായ എസ് റഫു ചിലപ്പോ അട്ടഹാസിക്കുന്നു എസ് റഫൂന്ന എസ് സി ഹൂനാണുള്ളത് ആണാ യുസ് ബി ഹൂന്നുണ്ടാ തിരുത്തിയതാണ് അപ്പൊ എസ് ബി ഹൂന ഇപ്പോഴൊന്നും തോന്നില്ല കുറുബമായ എസ് ചിലപ്പോ ബോധം കിട്ട് എന്നും മറിഞ്ഞിട്ട് നീ കുറുബമായ റെക്കസ് ചിലപ്പോ റെക്കസ് ഉണ്ടാവും കുറുബമായഹുമാനെയും ചിലപ്പോ ബോധം ينفل حالو لك وقيل أهل السماع ثلاثة نمون دركرن طائب صادث مستقيم وقيل المستمع ولا ثلاثة هذا ما أعلم أنه مستمعه ولا ثلاثة نمون أنه هذا مستمعه حالو كيسي وأنه مستمعا بربه أنه مستمعا بقلبه أنه مستمعا بنفسه أنه مستمعا بربه അതെല്ലാരും കേൾക്കുന്ന പടിയില്ലല്ല കല് അതിനനുസരിച്ച് വിചാരിക്കാനും കൊടുക്കും പാട്ടിന്റെ കഥയും ചരിത്രങ്ങളൊക്കെ പറയാം വിളിച്ചിട്ടില്ല പാസം വന്നിട്ടില്ല ണം വന്റെ പ്രകൃതിന്റെ പ്രകൃതി അത് പനാഗാക്കി പുതിയ മേഖലയിലേക്ക് ഇറങ്ങണം അതിന് ഞാൻ പറയും ദുഃഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖത്ത് ദിഖത്ത് വിശദീകരിക്കുന്നു നോക്കാം ദുഃഖ ഉള്ള കായിക്കെന്ന് പറഞ്ഞാൽ ഈ പനാത്തഭൻറെ ലാദിമെന്നാണ് ദുഃഖം ഉള്ള കായിക്കും ഇവന്റെ സ്വന്തം പ്രകൃതിന്റെ അവസ്ഥയിൽ മാറി എന്താകണം പുതിയൊരു മേഖലയിലേക്ക് മായന്റെ മേഖലയിലേക്ക് എടുക്കണം അതെല്ലാത്തിലും ഉണ്ടല്ല നമ്മിപ്പോ ഒരേ ഈ സാധനം കണ്ട് ഈ സാധനം കാണുന്ന അവസരത്തിൽ ഇതിൽ തന്നെ കൂടുതലാണ് ഇങ്ങോട്ട് തപഞ്ച കൂടെയുള്ളത് ഇതിൽ നിന്ന് അള്ളാഹിന്റെ ഇൽമും ഹെക്കുമത്തും അള്ളാഹുവിന്റെ എന്താണോ പ്രകടമാകുന്നത് അതിലേക്കിടക്കാണ് ഞങ്ങൾ ദുഃഖാ ഉള്ളത് ഈ സാധനത്തിനെ ബാധിക്കാക്കിയിട്ട് പ്രധാന മേഖലയിലാക്കുള്ളത് പണ്ട് കാണുന്നു അപ്പൊ മരണം വിചാരിച്ചോണ്ടാവുക ഇയാളോട് ഈ നാട്ടില് നല്ല ബാധ കേട്ടിട്ട് കരയുന്ന ഒരാളുടെ ഈമാനുണ്ടാണെ നിങ്ങൾ ഉള്ളൂന്ന് അപ്പൊ അയാള് പറഞ്ഞത് അങ്ങനെല്ലാം ഉലർക്ക താടി കണ്ടപ്പോ അതിന്റെ ചത്ത് പോയി ആട്ടിന് ഓർമ്മ ഒന്നും അയാളിന്ദ്ര താടിണ്ടെങ്കിൽ അപ്പൊ കേട്ടത് താടി കണ്ടപ്പോൾ അയാളുടെ ആട്ടിലേക്ക് നേരെ കൽപ്പ് പോയത് അപ്പൊ വേണ്ട അയാളെ ദുഃഖ കണിക്കേണ്ട സഹശ്രി പോകുന്നതിലേക്ക് ഈ ആട്ടിലേക്ക് പോയ പോലെ എന്താക്കണം അറ്റാക്കിലേക്ക് പോകണം ഈ സാധനം വിട്ടിട്ടപ്പോൾ വാതിലല്ലത് ആ തത്തുപോയ ആടിനെ താടി മുലക്കാരെ താടി ഒരുപോലെ ഉണ്ട് എന്നാണ് അയാൾ അനുഭവം പനിയത്ത് ബഷരീയത്തു ണംപര്യങ്ങളുണ്ടല്ലോ എന്നിട്ട് ബാക്കിയാണ് അത് എപ്പം ബാക്കി ഓന്റെ ബഷരീത്ത് ഹാമിദാകണം എന്നിട്ട് റുഹാനിയത് എന്താകണം ബഷരീത്ത് പോകുന്ന റുഹാനിയത്താണല്ലോ സുമ പിന്നീട് അത് പറയുന്നു സുരമി പറയുന്നു എത്രയാണോ സഫാ ഉള്ളത് അതിനനുസരിച്ചിത് പഴം ചെയ്യും കൂവത്തിന് വാരി ആ പാട്ടിൽ കൂടി കേട്ട വാരിതാണ് ആ മഹന അതിന്റെ കൂവത്തിനനുസരിച്ച് ചിലപ്പോ അമ്മാരെ പറ്റിയാകാം ചിലപ്പോ അസോവിനെ പറ്റിയാകാം ചെറുപ്പ സേഹമാറേ പറ്റിയാകാം അല്ലെ അവരക്കന്മാരെ എന്താണ് ഈ ത്യാഗങ്ങളുണ്ടല്ലോ ജിഹാ ജിഹാദുൽ അതിനെ പറ്റിയാകാം ആ കൂപ്പൻ വാരിത അനുസരിച്ചായിരിക്കും കമ്പിൽ അത്തത് ചെയ്തത് സഫാവ് കൂവത്തിന്റെ ആ വാരിതിന്റെ ഇനവും െ പറ്റി പറയും താഹിബികളെ പറ്റിയോ പറയുന്നില്ലാത്ത കല്യാത്ത ഓരിക്കു എന്തെങ്കിലോ മറ്റേ പുരാണ പുറമെ കുറിച്ചു وَمَا مَن كَانَ لَهُ فِيهِ حَيَّتًا وَأُتِنَ في نَفْسٌ حَيَّةٌ وَقَلْبُهُ مَغْلُوبٌ وَأَذِي تَتَأَكَّدُ انْدُونَ وَلَكِنْ تُونَجِرَ فَنَا نَبِتُولا അല്ലെ അലി അസാബുനെ തങ്ങൾക്ക് എന്താ പറയണ്ടിന്റെ കടമല്ലാതെ അതിനോട് ഉറച്ചു കണ്ടുകൂല അന്നത്തെ സ്വഭാ കാണന്ന് പറഞ്ഞത് കാലമായ ആളുകൾ കേട്ടോട്ടെ അല്ലാതെ നീ കണ്ടാന്നും റഫിലേക്കല്ലേ പോയി ഇന്താൽ മുറാദിന്നു സുലമി പറഞ്ഞതെല്ലാം കഴിഞ്ഞു ആ ശരി എല്ലാം ശരിയെ പറഞ്ഞതല്ലേ സുലമി ഉദ്ധരിക്കില്ല ഈ പറഞ്ഞ വാക്കി സുലമീൻ ഉദ്ധാരാണല്ലോ പിന്നെ വക്കത് അസ്മാൻ കരാമീയോ അങ്ങനത്തെ നൂപ്പറ ഇതിനെ പിന്നീട് കലാമി നോക്കല്ല അവാരിപ്പിന് അയ്യയിൽ നന്നൊരു പാപന്നെ കിട്ടിയിട്ടുണ്ടല്ലേ പുരി كتابنن بن ناجി زيد ഇന്നാലത്തിൽ قال ابيها اينالത്തു പറയുന്നു فاطمه الشري لا يمكنه الا جاهل من سنه syair gelir kedida sunnatun jana hilaya ke ingara kan betulu le sheirun no alpom thumma qala pinne tajibu bariyunu wa qala sahibu al-ahmad bin hamdan wa yalla Allah wa imamin de boli അഹമ്മദ് ബിൻ ഹലി മാമാണല്ലോ ഓരോന്ന് സാധികെ അന്നകൂടെ ആ ഉപ്പോട് കണ്ട് ഉപ്പാരി അഹമ്മദ് ബിൻ ഹംബൽ വക്കൽ നിന്ന് ഒരു വസിനോക്കുന്നു റനായന കേൾക്കുന്നു ആ ജാറടെ കാനഭിമാറുപോലെ കണ്ടായിരുന്നു ثم قال ابا أحمد بن عمد رضي الله عنه عزيزي سردشي رسول الله ورئيه وأن أنس رضي الله عنه لقد كنا عند النبي صلى الله عليه وسلم إذن أزل عليه جبريل عليه السلام ورئيه قال يا رسول الله فقرى أمتك إذ خرون الجنة لنقل أمتك إذن الله فقرى أغنيا كركم بايت أن يورغ اللتين من بايت دورون أن يورغ لن نبال لغة أرد وصون أصف അവിടെ ഹംസമിയതാണ് ഇവിടെ തന്നൂറ് അവിടെ അപ്പുറം കേൾക്കാൻ ഇവിടെ തരുന്നത് പല ലോകത്തഞ്ഞൂറും അല്ലല്ലോ അവിടെയുള്ള യോമ ഇവിടുത്തെ ആറ്റൊരു സംഭവം പറയുമ്പോ ഇവിടുത്തെ തന്നൂറാത്തിയെങ്കിലല്ലേ അവിടുത്തെ അരദിവസം എന്ന് പറഞ്ഞു അതാണ് ഇസ്ഫു ജോമിൻ ഇത് കേട്ടപ്പോൾ തങ്ങൾക്ക് സന്തോഷമായി സന്തോഷമായപ്പോ പക്കാല അഫീക്കും മഞ്ഞേഷൻ ആരെങ്കിലും ഉണ്ടോ അവിടെ ബാബു ബേറ്റ് ചെല്ലുന്ന നസീദ് ചെല്ലുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ എന്ന് വെച്ചു സഹാബി പറഞ്ഞു ഞാൻ ഞാൻ അസുഖം ഞാനുണ്ട് ബൈത്തല്ല പകാല അപ്പൊ തങ്ങൾ പറഞ്ഞു ഹാത്തിയോറ് എപ്പോലും ു കവിദി ഫല തലവനറാത്തിന് ഞാൻ അനീപ്യം കഥ ലഹജ് അയ്യത്തുൽ ഹവാദി ഫല തബീ ബലഹലാറാത്തി പറഞ്ഞത് കഥ ലതാത്ത് എന്ന് പറഞ്ഞാൽ കടിച്ചിരിക്കുന്നു വിശജീവി കുത്തന്നാണ് ലതക എന്നു പറയും ലസഹ രണ്ടുണ്ട് ലതക എന്നാണ് തേളിങ്ങനെ ഈ കുത്തായത് ലതഹ അത് തേട് കുത്തിനാ പറയും തേട് കടിക്കൂലല്ല വായു കൊണ്ടിങ്ങനെ കടിക്കുന്നതിന് ലസഹാന്ന് പറയും വിശജീവി വായി കൊണ്ട് കടിക്കുന്നതെന്ന് പറയും ലസഹ അപ്പൊ അയ്യത്താണല്ലോ അയ്യത്തുനവ തടി അവയാകുന്ന പാമ്പ് എന്താ എന്റെ കരളിനാ കടിച്ചത് എന്നെ അത്ര മാരകമാക്കി എന്നെടുത്തിന്നാളല്ലോ കാരളുടിച്ചോണ്ട് ഇതാ പാമ്പ് ഹയ്യത്തുനാവാ അതുകൊണ്ട് പല തമീബാ അത് ചികിത്സിക്കാൻ ഇതിനും എല്ലാ വലാറാക്കി മന്ദിക്കുന്ന ആളോ ഇതാ ബാക്കി പക്ഷെ ആരുണ്ട് ഇൽ അൽ ഹബീബ് ഒരു ഹബീബ് ഉണ്ട് അതിന് നബി സലഹലി വസ്സല്ല അല്ലെ ഇങ്ങനത്തെ ഹബീബാണ് മഹബത്ത് കൊണ്ട് ഞാൻ അവരോട് കൂണ്ടുപിടിച്ചിരിക്കുന്നു അങ്ങനത്തെ ഒരു ഹബീബുണ്ട് ആ ഹബീബിന്റെ എടുക്കലുണ്ട് എനിക്ക് മന്ദിരിക്കാനുള്ള മന്ത്രം ഉണ്ട് തെടി ആക്കി മരുന്ന് വേണമെങ്കിൽ മരുന്നും ഉണ്ട് അവരണ്ട് ചികിത്സ വേറെ കാര്യത്തില്ല മന്ത്രവും എല്ലാം മരുന്നും ഇല്ല ഇവരുണ്ട് രണ്ടും ഒഴിവാക്കണം അതിന്റെ മായണം അങ്ങനെ മഫലത്തും മണ്ണോറത്തും രണ്ടു കൂടെ ഉണ്ടെങ്കിൽ മഫാസുദിനല്ലോ അവിടെ അല്ലേ ഈ ഉറൂസിന് പെണ്ണുങ്ങൾ മാർ തെങ്ങി തിരഞ്ഞിട്ട് ആരാം മൂവാശകത്വം മുരാപശത്തും പല നടക്കുന്നോണ്ടാണല്ലോ അത് വേണ്ടെന്ന് പറയും പെണ്ണുങ്ങൾ ഇറങ്ങുന്ന പ്രവേശന വേണ്ടി ഇപ്പൊ പെണ്ണുങ്ങളെ കൊണ്ടാണ് ജയിനുമൊക്കെ സമ്മാനം കൊടുത്തു കോട്ടം പിടിക്കാൻ പദ്ധതി വരുന്ന എനിക്ക് നോക്കാൻ പറ്റുമോ ഈ പാട്ടങ്ങ് പാടിയപ്പോൾ തവാചത അലേ ഹിസ്സനാമ താങ്കൾക്ക് പൊതുതന്നു തോന്നിയ മതി നല്ലൊരു നല്ല അർത്ഥമെന്ന പാട്ടല്ലേ പറയുന്നു അരിഹമയാവുന്ന പാട്ട് കടിച്ചപ്പോ മന്ത്രിക്ക് അരിയും കിട്ടിയില്ല വിധയും കിട്ടുന്നില്ല പിന്നെ എനിക്കൊരു അറിവില് കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു നല്ല വർദ്ധനല്ലേ അസഹാബു അപ്പോൾ അസഹാഭിമാർ ഒട്ടത്തിന് കൂടി അത്താരി തട്ടം വീണുപോ ഞാൻ തങ്ങളുടെ നിന്ന് മങ്കി ബൈഹിണ്ടാ ഫ പറഞ്ഞു ശേഷം ആവാ പുല്ലുവാഹി മക്കാനി ഓരോരുത്തരും അവരവ സ്ഥാനത്തിന്റെ പോയി നിന്ന് പക്കാലം ത്രിയല്ലോ എന്ന് പറയണം മാഹത്തിനുള്ള എന്തൊരു നല്ല കളിയാന്ന് പറയും ിയ മഹാവി അക്ക് കളിന്നും പറ ഹബീബിന്റെ പേര് പറയപ്പെടുന്ന അവസരത്തിൽ അല്ല എന്ന് പറഞ്ഞു നല്ല കളിയാണല്ലോ ഇപ്പൊ അഹുഅല തങ്ങളാ ഇതല്ലോ കട്ടോ എല്ലാവരും കൂടെ ഓരി വെച്ചെടുത്ത് ബ്യാറും അവിടെ ഹാമില്ല വരും നാനൂറ് കണ്ടിരിക്കും ആളുണ്ടാവും നമ്മളുടെ തത്വം നിറച്ചിട്ട് നാനൂറ് കഷ്ണം എല്ലാരും അവരിച്ചിട്ടു വലക്കറഹുൽ സൂറവർ ഈണ്ടല്ലോ അവര് സൂഹവർത്തി അവാരിപ്പിന് സൂറവർത്തിനാബോധാണല്ലോ ഇസിലാക്കി പറഞ്ഞ അപാരിഫലി പക്ഷെ ഈ ഹരി കേൾക്കുമ്പോ എന്തോന്നെന്തല്ലോന്ന് തോന്നുന്നുണ്ടല്ലേ വത്തക്കല്ലം അന്നാസ് അദീസിനെ സംബന്ധിച്ച് അന്നാസിന് കുറിച്ച് സംസാരിക്കുക ചെയ്തിട്ടുണ്ട് അത് തീർന്നു നമ്മളിൽ പോയിരുന്നു അത്തമായി പറഞ്ഞു അസലിന് തീയെല്ലാം പങ്കു കൊടുത്തിട്ട് എനിക്ക് തഹക്കീകാര്യം അഫ്ലീലാണ് തഹക്കീക്കുള്ളത് മുത്തലക്കാട്ട് ജായിദ്ദാണെന്നും പറഞ്ഞുകൂടാ അസ്ലി ജായി പിന്നെ തനിച്ചമാകുമല്ലിന്റെ ആളുകളാണെങ്കിലോ എന്ന വിഷയത്തിൽ സംശയയില്ലെന്ന് മാത്രം പറഞ്ഞ പോലെ അബിസ്തഹം ബാബിയും മുസ്തഹും കൂടി പോരണമെന്ന് പറയും ും കിട്ടല്ല അനാമായ അടുത്ത് വരാൻ തോന്നുന്നു അതിനെന്താ തെളിവ് മാത്ര ക ഈ മുമ്പ് പറഞ്ഞത് അതീതാ ഒന്നിപ്പം പറഞ്ഞതിന് ഒന്ന് ജാതിയത് വഴി പറഞ്ഞില്ല ഇതൊക്കെ ആണ് അവസ്ഥാനും പറഞ്ഞില്ല ഇത് അകരു ഷറായി ആണ് അവിടെ നിസായി അവര നിസിയാനേ സെമിയാനൊന്നുമില്ലാതെ രീതിയാണ് വൈഇതിമായി ഹറം ഹറമായി ഇരും അനെ ഫർവ് മുബാഹ് ലിതായിബി തായിബിനെ സംബന്ധിച്ചിടത്ത മുബാഹ ആണ് വെയ്കുന്നില്ല ഉസ്താബ്ബ എന്ന് പറയാmatായി വലി ഇന മкруഹു ലിഗൈനി തായിബന്നാ താഅക മкруഹാണെന്നും വേണം അബദന്നവനെ മкруഹാനോ ജൈലിൻ പറയും വാമൈ നവറ നിസാഉ അബൂ സുഖബാലു ല്ലോ ആ ദരി തടത്തിലാണ് ഉദ്ദേശം അപ്പൊക്ക് വേണ്ടിട്ടില്ലേക്കാണ് പോകുന്നതും امنن يرجعون الى طريقك وكذا وينما او بيحلذو غادي ونذبه الى الشيوخ ونذبه الى الشيوخ غادي وهو على الاعوام كالهارامي عند الشيوخ ذله العلامين شيوخ اللي ابره على اقمارون ഇലാ വർക്ക് ഇതി ഇതിരിക്കിലോ മുഖനാതി കണക്കാക്കിണ്ടി പ്രത്യേമ ബാബന്നല്ല സുഹാബിയങ്ങൾക്ക് മുബാഹാണ് സയൂഖുകൾക്ക് നിദബാണ് മബ വല്ലദി എന്നൊരു ബാദിന്നല്ല മാലിദ ആബാമിൻ ഹറാം മുബാഹി ജനന്നും പോകും എന്താ ഇതിന്റെ വിശദത എല്ലാം പറയട്ടെ കുന്തു ആശാറഹ്മുള്ളാ ഇലാ അന്ന സമഅ ഫീഹി അന്ന സമഅ അറു ഫീഹി ലി സയൂഖിൽ ആലിബീന ഫുനൂറുൻ വസിയാദത്തുൻ മറ്റുള്ളതിന് കിട്ടാത്തൊരു പ്രത്യേക ഒരു കാര്യം ഇന്നത് കിട്ടലാണല്ലോ പന്നേ പാട്ടിൽ കൂടി കിട്ടേണ്ട കാര്യം പാട്ടിൽ കൂടി കിട്ടണ്ടേ ഇന്നതിൽ കൂടി കിട്ടണ്ട ഇതിനേ കിട്ടും മരുന്നിൽ കൂടി കിട്ടേണ്ട മരുന്നിൽ കൂടി കിട്ടണം ഭക്ഷണത്തിൽ കൂടി കിട്ടേണ്ട അവര് കൂട്ടി കിട്ടണം ഒരു പന്നൻ എന്താ പന്നേദാത്ത് മവാദീത് അഹ് കിട്ടാനുണ്ട് അതുകൊണ്ട് അതാണ് ഇത് റുക്കിനാക്കി മറ്റു അതോടൊപ്പം ഇന്നും ഈ ശയോഹ ആരോഗ്യങ്ങളുണ്ടല്ലോ അതൊരു ദ്വാൾക്കുള്ള റുക്സിയായിട്ടാണ് വരുന്നത് അപ്പം അജീമത്തിന്റെ അനുകാരത്തെ വളർക്കും അതിലോക്കല്ലേ അപ്പൊ ശിവന്മാരെ സംബന്ധിച്ചോ അത് ദുസ്തയാണ് അതിന്റെ വ്യപായങ്ങൾ അമ്മിയാവൂ അക്കവിയാക്കളായാലോ പല ആവശ്യം തന്നെ വരുന്നില്ല അതൊന്നും അത് മുമ്പ് ഇപ്പൊ പറഞ്ഞിട്ടത് തുറത്തിമൂന്നിൽ എന്നാൽ അതിനാണ്ഹരി പറയണംബാഹൻ എന്ന് പറയുമ്പോ ഇതിനാക്കാണ് മസാല വേദഗതിമാരുടെ പ്രകാരം അല്ലാതെ കൊണ്ടർപ്പിക്കുമ്പോൾ ആരിക്കും എങ്ങനെയും ഉപാഹന അർത്ഥം വരേണ്ടത് എന്നാ തഹരിൽ ഉള്ളത് തഫ്സീൽ തന്നെയാണ് ടമാട്ടർ മുന്നാദ തഫ്സീലാക്കുമ്പോൾ മുബാഹൻ മന്ദൂബ് ഖിസ്മൻ ഹറാം ഇങ്ങനെ മൂന്നെണ്ണം വന്ന് ബാധി എന്താ പിന്നെ പോയത് കളാഹത്വില്ല പറഞ്ഞിരിക്കുന്നു അഞ്ഞൂക്കുമല്ലേ വേണ്ട മുബാ മന്ദൂപ ഹെറാമ് ഇല്ലല്ലോക്ക് അല്ലാദി ശേഷം മാർക്ക് മന്ദൂമ അവർക്ക് മന്ദ ഉപാഹകരണമാണെന്നാൽ എന്നും മാസത്തെ അനിശ്ശഹബാത്തിൽ മുസ്തലാക്കി രുചികരമായി തോന്നുന്ന എല്ലാ ഷഹബാത്തിനത്തൊട്ടും ഓരോ നെസ് മരിച്ചു അതുകൊണ്ട് പല നിററ ലഹം തീഹി ഇതിൽ നിറത് വരാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ആറാമാക്കേണ്ടതുള്ളൂ അടുത്തോ എന്നാ പിന്നെ സുന്നതായിക്കൂടെ വലാനലഹം തീ അ മന്ദൂമാക്കാൻ മാത്രം കിട്ടുന്നില്ല എന്നിട്ടുണ്ട മന്ദൂപ്പിന്റെ പറയേക്കണെ അപ്പൊ അത്താഹമ നിർത്തിക്കൊടാം കറാമാക്കാനുള്ള ലറവും കാണുന്നില്ല മുബാഹ് മന്ദൂമാക്കാനുള്ള പോലീസും കാണാൻ അച്ഛനൊക്കെ ഉണ്ടായി മുബമ നിന്നു എന്തുകൊണ്ടാ അവർക്ക് പറയും കിട്ടാതെ ഇതിലെ ഒത്തുപൊക്കെ മക്കാമാനെ പോലെ അത്താത്തരണില്ല ആഹ് ഇനി പദത്തിൽ എന്ന് പറഞ്ഞു അല്ലെ വനിശ്ശുനവർക്ക് മൺകൂബാണ് എന്നാണ് ശാരീരി പദം അത് ഇല്ല എന്താ ും വസിയാദാത്ത മവാദിയില് അഹബാട് വാരിദാത്ത് വരും അതുകൊണ്ട് അവർക്കുണ്ടായി അത് മന്തൂപൻ എത്ര വരെ അത് വാരിതാകും ആ കുട്ടിയെട്ട് പോയ്ക്കുവാ അതൊന്നും തടിക്കാൻ നിങ്ങൾ ഇനി ഒന്നും കൊടുത്തില്ല നിന്റെ അറല്ലേ ആ വാരിദാത്തും അരിസാദാകൻ അവാദിയുമുണ്ടല്ലോ അവിനൂസ് അതും അയാൾക്ക് അത് പെറന്ന് കടക്കുന്നത് വരെയും അവർ ശരീരത്തിൽ വ്യാപിക്കും എന്റെ ആധാർ വരും വടത്തോ വടത്തോ മയാദ അനുറത്തിന്റെ മൈതാം വിശാലമാകുന്ന അണുറത്ത് അണിത്തല്ലോ പറയുന്നത് അവിടെ വാസ്യാകൾ എങ്ങനെയാണ് അത് കൽക്കോണ്ടായിരുന്നല്ലോ ബദനയും വിശാലത്തിനല്ലോ വദനാളാസുദ്ധികളിപ്പോൾ ഉള്ളത് ഈ ലാത്താറ് വദനിലേക്ക് വരുമ്പോൾ വദനും കൂട്ടി അവിടെ പങ്കെടുത്തു അണിറത്തുമായി കൂട്ടിച്ചേർന്നല്ലോ നിങ്ങള് മനസ്സിലായില്ല ആ അപ്പൊ എന്താകും ഹാദരിങ്ങൾക്കൊരു ഫലം കൂട്ടും ഇവർ ആരംഭം ജിസ്മാലിയാണ് ഈ ജിസ്മോയിപ്പുറത്ത് ഹാദിരിക്ക് ഒരു ഫലംകുട്ടും അപ്പൊ മറ്റുള്ള ആളുകൾ പഴക്കൂലി മിൻഹാ ആ മയാദീന ഹമിറത്തിൽ നിന്ന് ഹാദിരിക്ക് ഉണ്ടാകും നസീബൻ ഒരു നസീബ് കിട്ടും എന്താ കാരണേലോ ഹാവിറോഹോ മിൻഹാന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരാളും ഒരു ആരത്തോളം മുത്തഹദിക്കായാൽ അവിടെ ആദരാകുന്നാകും അത് കിട്ടാൻ കൂരാ ഒരു അംശം കിട്ടൂ അതാണ് ഇത് ഇത് അപ്പം ഒരു കാലി അവിടുത്തേക്ക് ഒരു ഹൈറായ കാര്യത്തിലേക്ക് വഴിതെളിയിക്കുന്ന കാര്യമല്ല ഹൈറാനുള്ള കാര്യം അപ്പം ചേര് കേട്ടപ്പോൾ ആരി ഫിനീത് വിദ്യാലും ഉപാധിക്ക് അത് കൽബിൽ നിന്ന് കടന്നിട്ടേക്ക് വന്ന് ശരീരത്തിലേക്ക് വന്നു ശരീരവും കൂടി അനർത്ഥമായി ഈ ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആദരീയങ്ങൾക്ക് അംശം കിട്ടി കോർക്കും അതിലേക്ക് വരുത്തി അങ്ങനെ വരുമ്പോൾ മുക്കുല്ലുമാ ഇരൽ കമാലി പഹുവ കാമിരുന്ന പഹുവ കമാലെന്നല്ലേ നാല് തിമാറത്തിന്റെ സാഹചര്യ വേണ്ടത് കമാലിലേക്ക് ചേർക്കുന്ന ഒന്ന് അതും കമാലാണെന്നല്ല അമാരൽവാദിക്കും അഹുവാദിക്കും മാനാചത്യംവാദിക്കും ഇല്ലാമെയും മഹുവാർജിക്കും അത് ആ കണക്ക് പ്രകാരം കമാല കമാലേക്ക് ചേർത്തു ഹാലിങ്ങളെ പിടിച്ചിട്ട് സൈഹന്റെ ആ വാനി കാണി ചേർത്തല്ലോ എനി അത് നടത്തു പോന്നു ഇനി ഹറാമാനല്ല പദ്ധതി പറഞ്ഞു ബഹുമാനല്ലാമി കല്ഹാമീൻ സാരി ഒരു മഹിക ഒപ്പിച്ചു പോലാവ് പോലെ ആഹാൽ മാറ്റി ഓർക്ക് മാറ്റിയും വളച്ചുവിട്ട് കളിയും ഓർ ഓർക്കുന്ന അർത്ഥം മറ്റൊന്നാണ് അല്ലെ വൈഹാറ്റിക്കുമാരും ടിബ്രീയത്തെ താഴ്ന്ന തരത്തിലുള്ള തിബാൽ അത് പുറപ്പെടുക്കും നടപടികളെ ഉണ്ടാക്കി കളിയും പാട്ടില് അതാണ് ഇനി കാരണം ഹരാണം പറഞ്ഞു എനി പറയുന്നത് ഇതൊന്നും ഉണ്ടാവില്ലാണെങ്കിലോ ആ ഫസ്റ്റിന്റെ ഭാഗത്തിലേക്ക് മടങ്ങി നിക്കും ആദ്യം പറഞ്ഞ് ഈ വാക്കങ്ങളൊന്നും വരില്ല എന്നാ പൈരന്താദ് ഈ ഒന്നുമില്ലെങ്കിലും കാന ഉപാഹ ഉപാഹാവും മാത്രം ബോധിച്ചില്ല ഇല്ല ഇൻ ഹാദറാവും അങ്ങനൊരു പ്രസാദ് പ്രസാദിന്റെ കാര്യങ്ങളെ ഹാജറായാലും ഇല്ലാ പോലത്തെ എന്നാൽക്കാട്ട് അറാമാടക്കാൻ വേണ്ടി അപ്പം ചോദിക്കും എന്തിനാണ് അവാമിന്റെ ഇങ്ങനെ അറാമി പൈനമാനൽ അവാമിന് എന്നൊരു പണ്ട് ഈ റനാ എന്നത് സിനയിലേക്കുള്ള കോഴിപ്പൊടിയാണ് കൽബോണ്ടാകും അതിലേക്ക് നവ തോന്നു വാൻ എമ്പിത്തൊൻപിപ്പാ കപ്പിൽ കൽ ബീനും ഒന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അത് ഒരു തരം അറുവാഹത് കുട്ടിക്കല് അല്ലെങ്കിൽ കുട്ടിക്കല് ബിഗ് യാദാനാണെന്നെ കേൾക്ക് അതിന് വിധിയിൽ കുടിക്കുന്നു ഇനി അല മഹാൻ അൽഹാൻ അൽഹാൻ എന്നതാ ആ പദ്ധ്യക്കാരൻ പാടുന്ന വരുന്നതാണ് കേട്ടൻ ആ അതെ അതുപോലെ തന്നെ അതിന്റെ അതെ മഹാനി അതിന്റെ വരുന്ന കേന്ദ്രം അ വായിൽ കൂടി ആ കാമ്യപ്പിച്ച പാട്ടതാണ് അതിന് നിരത്തി വെച്ചപ്പോൾ നമ്മൾ ആദാനാകുന്നതുകൊണ്ടത് ആ കോപ്പം കൊണ്ട് കുടിച്ചിട്ട് അറവായ കുടിക്കുന്നതിന് അതിന്റെ മസ് അറവായന കിട്ടുന്നു ഏത് എന്താണോ അതുപോലെ ഉണ്ടാവും അപ്പൊ നെസ്സിന്റെ അധികാരം കാട്ടാൽ ഓ മാറും കൾഫിന്റെ അധികാരം മാറും സിദ്ന്റെ അധികാരം കൊടുത്താൽ അർത്ഥം അങ്ങനെ മാറി മാറി മാറി വരും മാവ് സംസാ ഇമാരിപരഞ്ഞംസം വെള്ളം എന്തിനാ കുടിച്ചത് ദാനം തീർക്കാനായി അത് മരണായിട്ട് കുടിക്കുന്ന അങ്ങനെ കുറിച്ചോ ഇനി കൊറവ് വെള്ളം അങ്ങനെ കുടിച്ചോ ഭക്ഷണത്തിന് അത് കുടിച്ചോ വറക്കത്തിന് കുടിക്കുന്ന അങ്ങനെയും കുടിച്ചോ സംസം പറഞ്ഞതിനും പറ്റൂല്ല അതുപോലെ ഇത് എന്തിനാണോ കേട്ടത് അതുപോലെ കുടിക്കലാക്കി ഇത് കേക്കലാക്കി സമയമിതമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേട്ടതെങ്കിൽ എല്ലാ മാർഗം തെറ്റിലായി കേട്ടാണെങ്കിൽ ആ മാർഗം തെറ്റെന്ന് ഇത് വമാനവ അതേപോലെ അല്ലെങ്കിൽ പൊക്കുല്ലുംവ ഏതൊരു മനുഷ്യനും അവരെ നീത്തുമായി വിടേണ്ടതാണ് നിക്കുല്ലിം ബി എന്ന് പറയുമ്പോ ില്ല ഏതാണ്ട് ഖബറുഖമായി ഇപ്പൊ ഒമാനവാൻ ആടബാപെടുത്തതിനുമായിട്ടുണ്ടാവില്ല അപ്പോ പെരിമത്തിന്റെ അജിതായും പോയില്ലേ നേതാക്കന്മാർ പറയുന്നു എപ്പോൾ അന്തൊന നിങ്ങളെല്ലാം നിങ്ങൾ ഇഷ്ടപ്പോ നിങ്ങൾ അതിനാ പാടിക്കോളീ മനഃ കേട്ടം പോലെ നിങ്ങൾ പാട്ടിനെങ്ങനെയെങ്കിലും പാടിക്കോ അതിനോ കേട്ടം പോലെ വിശ്വാസം ഈ സമാകുന്ന നല്ലതും ചീത്തയുമായി പറയുന്നു സനീസ നല്ലത് സനീസ മോശം ഹവാലി കൈ മായീ സമായ കേൾക്കലുണ്ട് സമാനുണ്ട് കാനമുണ്ട് മൈനക്കുൽ അഹ്വാൻ അഹ്വാലിന്റെ ഒരു മാനദണ്ഡം ഇയാൾക്ക് എന്ത് അഹമാലാണുള്ളത് ഇയാൾ ഉന്നതനാണോ താണാണോന്ന് അത് കേട്ടിട്ട് അത് നിങ്ങൾക്ക് എന്ത് പിടിച്ചു എന്ന് ചോദിച്ചാൽ കിട്ടും ഇവരെ വയ്ക്കാൻ നീങ്ങിയത് ആ പാട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ പാട്ടുകളിൽ പ്രസംഗം കേട്ടാ നിങ്ങൾക്ക് എന്ത് കിട്ടി ചോദിക്കുന്നുണ്ടല്ലോ ഇവ ചോദയ കുടിച്ചാൽ പാലാ കുടിച്ച എന്ത് ചെയ്യുന്നു ചിലര് പറയുന്ന ഫിൽമ് കിടക്കാൻ വേണ്ടിട്ടുണ്ടാവും മറ്റൊന്ന് ഇവൻ ഏത് ഗ്രൂപ്പിലാണെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രസംഗം ഒക്കെ നിൽക്കുന്നുണ്ടാവും ഇവൻ ഏത് ഗ്രൂപ്പാന്ന് വിളിയുന്നു ചിലപ്പോ ആഴ്ചകളോളം കണ്ടിട്ട് ഗ്രൂപ്പ് കിട്ടുന്നില്ലേ പോലെ അന്റെ പ്രസംഗം കണ്ടിട്ട് ഒരാഴ്ച കേട്ടു പോലും ഒന്നോ ഇരുന്ന് വേണ്ടിയാണ് ഏത് ഗ്രൂപ്പ് മൈലക്കെന്ന് പറഞ്ഞാൽ എന്താ ഫറസും മൈലക്കും എന്നുള്ള വേഗത്തിലോടുന്ന കുതിരാമോസ് അഭിജ്വനീയത്തി ഇവന്റെ കമ്പനിലുള്ള അഹവാലി മുന്തിയതാണോ തണതാണോ എന്ന് ദുഹൂറാക്കാനുള്ള വേഗത്തിൽ പുറപ്പെടിക്കാനുള്ള ഒരു മാനദണ്ഡാണിത് ഈ സമാജം ും ആ റബി വെത്തന്റെ കൽകു റബ്ബുമായിട്ടാണ് എപ്പോഴും വന്ധിച്ചിരിക്കുന്നക്കാ എന്നാ സമാ കേട്ടാൽ എവിടനെ റബ്ബിനെ കൊള്ളാ ബന്ധമിക്കുന്നുണ്ട് തോട്ടനുണ്ടായാണ് അന്തറത്തിൽ പുതിസ അവന്റെ കിലെന്താ അന്തരത്തി പുറസിലേക്കൊണ്ട് ഇളക്കി വിടുന്നു ഈ പാട്ടിൽ സംഭാഷണ പാട്ടാണോ പുനഃ പറഞ്ഞപ്പോ ും എന്റെ കല്ലെപ്പോൾയുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു ഓൻറെ ആഗ്രഹങ്ങളിലേക്ക് വെക്കുള്ളു പേര് സമയങ്ങനെയാണ് ഓട ശുഭോധികൾ ഇങ്ങനെ കടന്നു കളിക്കുന്നു അനുസരിച്ചിട്ടിങ്ങനെ കളർ കൊടുക്കും ടുക്കല്ലോ പറഞ്ഞു പൊക്കായടുക്കി പൊക്കഹാൾ നാലിന് നോക്കിയിട്ട് ആൽബത്തിന്റെ എന്താണോ വിധിയാലല്ലോ നോക്കി പ്രത്യേക ഹാലിലേക്ക് നോക്കൂല്ലല്ലോ പൊക്കഹാൾ പ്രകടമാകുന്ന അന്ന് കിട്ടുന്ന ആ ആ ഹാളിൽ നൊക്കത്തിൽ എന്താണോ വിധി വേണ്ട അതായിരിക്കില്ല കുത്തി പറയാ അപ്പൊ അതാമന് ചുറ്റി കുടിക്കാനിട്ട് മാറില്ല അതിൽ പിന്നെ നീനിന്റെ മുന്നുമ്പോ നഷ്ടപ്പെട്ടു അല്ല അപ്പൊ അജലബിയാ നോക്കാൻ തീരെ പാടില്ല ഓടാൻ മുടിവുണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർക്ക് ശ്രദ്ധിക്കുന്നു സ്വന്തം പറയാ ഈ ഒരു കാരണത്തിന് വേണ്ടി താഴെന്നവരുടെ കൂട്ടത്തിലേക്ക് താണുപോയാണ് അത് എന്ന് വിളിപ്പെടും എന്ന് പറഞ്ഞത് പിന്നെ വമിത്തപ്രാർത്ഥിയായാലിൻ്റെ മുന്നണിയിലേക്ക് ആരുണ്ട് എന്നും അത് മനസ്സിലാക്ക അപ്പം ബെയ്റ്റിൽ പറഞ്ഞതിനനുസരിച്ച് തന്നെ ആദ്യം പറഞ്ഞാല് പിന്നാര് അതാബിലും അന്നുമായി ബന്ധപ്പെട്ടവർ ആര് ി ഷറിൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിലോ സലർത്തി കുത്തിയിൽ നോക്കിയാൽ ആരിയാകുന്നു പോയിട്ടുണ്ട് ഒമൻകാന കിട ഉന്നതനായ താണാളായി ഒരു കല്ലിന്റെ അയവാള് മാറ്റി താൻ നീക്കുന്ന ഒരു പഴയ രണ്ട് ഓർ അടുക്കൽ രണ്ട് അതിൽ വെച്ച പാലാണ് ഈ അറ്റം ഈ അതന്നെ ഈ അറ്റം അത് ഒന്ന് വളവട്ടത്തേക്കാന്ന് ഒന്ന് പാപ്പയും ചെയ്ത കുട്ടി മുട്ടിച്ച അതും അതുകൊണ്ടുണ്ടാക്കി ഒരു പാലാണ് ഞാൻ ആ പാലത്തിൽ കൂടി അവര് കടക്കും വാജിത് എന്ന് പറഞ്ഞാൽ കോഴുള്ള ഫക്കീത് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്താണ് രണ്ടാൾ നടക്കും അത് പറയാ ആരാ വാജിദ് ആരാ ഫീത് അധസ്വാൻ മാധവിയും പ്രത്യേക നിയമാവലികളെ കൊണ്ടും പ്രത്യേക ഹും വെച്ചിട്ട് നടക്കപ്പെട്ട ടക്കനാരാൽ ഹാലി എത്തിച്ചാടും നടക്കും അതാണ് വാജിത് അതാരന്ന് അങ്ങനത്തെ ആളാണ് വാജിത് പോയി ഫർക്കിനോട്ട് ജമ്മു കൊണ്ട് മഹജുബായി അപ്പൊ ജമ്മിൽ തന്നെ നിന്ന് അയാൾക്ക് ജമ്മു ഫെർക്കിനോ ഫറുക്ക് ജമ്മീനോ നടത്തല്ല അല്ലെങ്കിൽ ജമ്മീൻ മാത്രം വിൽക്കുന്നത് പൂർണ്ണ പണാതാണ് അവിൽ പോകുന്നു ബക്കാരിലേക്ക് തിരിച്ചു വന്ന ആളാണ് അത് ഞാൻ തന്നെ മറ്റേതാകുമ്പോ മുഖുമല്ലായില്ലേ അയാൾക്ക് ഒറ്റപ്പണ്ണ മാത്രം കുറിച്ച് തൂങ്ങിയല്ല ഒന്നിന്റെ ഹത്തു കിട്ടത്തില്ലല്ല ഞാൻ അയരു ജമിലാണ് അതോടൊപ്പം ഉള്ളത് ഞാൻ അവിടെ തന്നെ നിന്ന് ഫറക്കില്ലാതെ വന്നാൽ എന്റെ കാര്യം പോക്കാന്ന് ഇഷ്ടത്തിലാണ് അതുകൊണ്ട് ചെറൈൻ്റെ ഓരോ പഠിക്കാൻ കഴിയൂല ഹാക്കില്ലാത്ത കൊടുക്കാൻ കഴിയൂല സലാമി ചില മുസലാമൻ തന്നെ ഉറക്കിയില്ലാതെ വരും അല്ലെങ്കിൽ എല്ലാവരോടും മുസ്ലിമായ അമ്മൂമിനോടും വളക്കണം എന്ന് പറയുമ്പോ ചില പൂജാറിനോടും മടക്കിയില്ലാതെ വരും അഹബാദി നോക്കിയിട്ട് ആ അങ്ങനെ അലാമക്കൽ ഉണ്ടായത് വയസ്സൊരു കുമായി നാലത്തിൽ കൂടി കടക്ക് രണ്ട് അൽ ഫാ ഫീനെ അതിലും ബാക്കിണ്ടാവുല്ലോ ഫോർത്തുകൊണ്ട് ജമനെ കെട്ടാതെ കണ്ടാർതെന്ന് പറഞ്ഞ സാധാരണ ഈ ബാധിതാവട്ട പാർട്ടി മൂന്നായി ഈ വാദിതാവട്ടെ ഓരോരുത്തരെയും നാഹിറാകും മറച്ചുവെക്കപ്പെട്ട ഒന്നെന്താണോ ഉള്ളത് അതെങ്കിൽ ഓർക്കൂറൻ വാദിന്റെ ഹക്കിനെ ഇഷ്ടിനെയും വജുദിനെയും വർദ്ധിപ്പിക്കുന്നതാണ് അടുപ്പം കൂടും റബിനെത്തൊട്ട് തറുതും പോലും ഒരു പാട്ടും കൂടെ കേട്ട റവിന് കുറച്ചും കൂടെ അകന്നു പോയിനായി അല്ലെങ്കിൽ തന്നെ എനിക്ക് ലഹുമധികല്ലേ പാട്ടും കൂടെ കേട്ടപ്പൊണ്ടായി അത്രയും ചോരും ലഹവും അധികം വന്ന് അപ്പൊ തറുദും വന്ന് ഏതൊരു പാത്രം പാട്ടത്തിനുള്ളതല്ലേ പുറത്തേക്ക് തുടമ്പിലുടോന്ന് പാട്ടത്തിനുള്ളിൽ വെച്ച അതല്ലേ പുറത്തേക്ക് തുടുമ്പല് അതന്നെ പുറത്തേക്ക് എന്താ കുടുംബം നോക്കി തീരുമാനിക്കണോ എന്ന് പറയുന്നു കൊല്ലു മുരി ഏതൊരു മുനീതാവട്ടെ എപ്പോഴും സമാലേക്ക് ചാഞ്ഞോണ്ടിക്കുമ്പോൾ പാലം നീ അറിയണം അന്ന തീ ബി ബത്താലീ ബാലത്തിൽ നിന്ന് കൊറച്ച് ബാക്കി പറ്റ തീർന്നില്ലാന്ന് മനസ്സിലാക്കണം ബത്താലത്ത് നിന്നെ നമുക്ക് എപ്പോഴും കേട്ട് കൊടുക്കാം ഇത് ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെയൊക്കെ മോശം അത് പുതിയ അർത്ഥമായിരുന്നു ഇത് വർമ്മ സിറാസും മാധവും ഞാൻ വാരിനും ഒരു അർത്ഥം കൊടുത്തുകൊണ്ട് വ്യാഖ്യാനം ചെയ്തു ഇനി വാരിതെന്നും ഫക്കീരെന്നും പുതിയ അർത്ഥം കൊടുക്കാൻ മതി അതി ശാരീരിക അതാ ഐല ونسأل الله صراط محد يأبره صاحب يقين ووجود هذا يعني ذلك معادي ذلك وعليه يكين نعطي ونحن فقير ونحن صاحب شك وجهود هذا يعني ذلك معادي ذلك معادي ذلك ونحن فقير ذلك يكين نحن نعطي ونحن نعطي അപ്പോ ആ തരീക്കിലേക്ക് കടന്ന ആളുകളെ ഉയർത്തും അയാളായി ആരാണെങ്കിലും വാജിദിനെ ഉയർത്തും പറഞ്ഞത് വാ ഉൻ സാഹിലത്തി വീണ്ടുപോകും അയാളത്തേക്ക് നോക്കിട്ട് നോക്കി ു അപ്പൊ അടാ കൊപിക്ക് വെടി തെറ്റിയ കവിടായ ആളുകളും അവരും നരളത്തിലേക്ക് കൊമ്പിട്ടു പോകും അപ്പൊ അവരാണ് പറഞ്ഞത് اسمر از عبد الله کیو اللہ ابو فقیدین دیشاتن پڑھد ممن یطیع اللہ ورسوله ویحکمھا ویفتہی اللہ بی دی رسول علیہ الصلوۃ علی صحیحۃ تم تمنبا یہ اوران پای دیంగళ اوران آلائی دی کویرن اوران وینا داشارن علیو ادلے کار بیت شارین بیت النور پڑھد രണ്ടോ തന്നെ ആവിരുണ്ട് പ്രകീത് രണ്ടാള കൂട്ടത്തിൽ നിന്നും ഒരു ആവിർ ഇല്ലി കൊണ്ട് മറ്റൊരാവിറോ സിജിൻ്റെ ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാ അതിന് രണ്ടോന്നെ എത്തിച്ചേരും എന്ന് പറഞ്ഞ ആബിറാരത്തെ പറഞ്ഞു വാജിബ് അല്ലെങ്കിൽ ആരി ഇപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞ ആരി വഹുവത്തി വഹ് ലഹബുകയാളാകുന്നു ഓ പെഹമിൽ നിഷാരത്തി ഇഷാരത്തിന്റെ പഹമുകൊണ്ടും തലപ്പുക്കായിട്ടുണ്ട് കുമ്പത്തി ആ കുംബത്തിന്റെ അരാവത്ത് ആസ്വദിച്ചു കൊണ്ട് അങ്ങനെയുള്ള ആളാകുന്നു വിശാളത്തിന്റെ പഹം കൊണ്ടും എന്നാലും വിശാലുണ്ടായി ഓ പറഞ്ഞ വാക്കിന്റെ നിലക്കാണ് പല ആയതാലും അത്തരക്കാരായിക്കൊണ്ടേ അഭിനന്ദി മിനന്നായിട്ടാണ് அனハ்தா யரிது அன் பிஸ்ஸி பிஸ்ஸி நது தௌைபாயி வையரலிக பீ ஹاضره குதுசியது முத்தலிகாயிதுண்டாகம் அவர் ஃஹுலாயி கம அன் நபியின நரம الله عليهم மின் அன் நபியீ ய ரஸ்லினீயீன் பி نور லீ வா அகரோனு சொன்னீல யஹ்தூஹு பி ஸஜ்ஜீன் ஆய அகரானான அலதீ யஹ்தூஹு பி ஸஜ்ஜீன் என்று சொன்னது ും എന്നിട്ട് ഓന്റെ ഹും ഹവിയാൻ ഓന്റെ ഓമ്മിയിലൊരിക അല്ലൂരത്തെ ഹും അതുകൊണ്ടാണ് അവൻ ചൂറായിട്ടുള്ളത് സിർവ്വന്റെ സിർവ് ചൂറായിട്ടുള്ളത് മഷൂരൻ ആയിവ് പോയിട്ടാണ് സിർബു ഹോജു പല ജുബാബു ുംഹരിൽ റദാ ആരെന്നാലും വാദീന്നുള്ള ഈ ബഹരിൽ വാദിയാ ആ വാദി നോക്കൂലല്ല റദാണവേണ്ടത്